അള്ളാഹു സുബെഹാനഹുവറ്റ ആലയുടെ അനുവാദമില്ലാതെ ഒരു വിപത്തും സംഭവിക്കുന്നില്ല അള്ളാഹു സുബെഹാനഹുവറ്റ ആലയിൽ വിശ്വസിക്കുന്നവൻറെ ഹൃദയത്തെ അവൻ നേർവഴിയിലാക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു സുബഹാനുഹൂവറ്റ ആല അറിയുന്നവനാണ്